നിന്റെ ജനതയെ ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാനും അള്ളാഹുസ്ബാനഹഹു വാലായുടെ ദിനങ്ങളെക്കുറിച്ച് അവരെ ഓർമ്മിപ്പിക്കാനും നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി മൂസ അലഹിസ്സലാമിനെ നാം അയച്ചു തീർച്ചയായും ക്ഷമിക്കുന്നവനും നന്ദിയുള്ളവനുമായ ഏതൊരാൾക്കും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്